ിജ്ഞാസാധികൾ വേദാന്തം സ്വത്തം വ്യാഖ്യാനിക്കാൻ താല്പര്യപ്പെട്ടതായ വേദാന്തം ഭാഷകാരൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നതായ വേദാന്തശാസ്ത്രത്തിൻ്റെ വേദാന്തമീമാംസാശാസ്ത്രത്തിൻ്റെ വേദാന്തമീമാംസ എന്ന് വെച്ചാൽ വിചാരം അങ്ങനെയുള്ള വിചാരശാസ്ത്രത്തിൻ്റെ ഇതം ആദിമസൂത്രം ഇത് ആദിമസൂത്രമാണ് ഭാഷ അഥാ അതോ ബ്രഹ്മജിജ്ഞാസ ഇതിന് മൂന്ന് വാക്കുണ്ട് അധ അമ്പിയമാണ് അധഹ അതും അമ്പിയമാണ് ബ്രഹ്മജിജ്ഞാസ അധ ശബ്ദം എന്ന് മംഗള അനന്തര ആരംഭ മംഗള അനന്തര ആരംഭ പ്രശ്ന കാർഷ്യേഷു അധോ അത അധശബ്ദത്തിന് മംഗളം അനന്തരം ആരംഭം പ്രശ്നം കാർഷീം അഞ്ചർത്ഥം ഉണ്ട് അതിവിടത്തെ അധശബ്ദത്തിന് അനന്തരണ്ടെടുക്കുന്നു തുടക്ക അതിനെ കുറിച്ചുള്ള അതിന്റെ വ്യാഖ്യാനമാണ് അധശബ്ദത്തിന് എന്താ അർത്ഥം തുടക്കത്തി ആദ്യം ഭാഷ്യം നോക്കണം അധശബ്ദത്തിന്റെ ഭാമതിയുടെ വ്യാഖ്യാനം വളരെ നീണ്ട വ്യാഖ്യാനമാണ് ഭാഷ്യം നോക്കണം തത്ര അധശ്ദ ആനന്ദർത്ഥ പരിഗ്രഹീത ഇവിടുത്തെ അധശബ്ദത്തിന് ആനന്തര്യം അനന്തരം പിന്നീട് എന്നുള്ള അർത്ഥമാണ് ഗ്രഹിക്കേണ്ടത് ന അധികാരാർത്ഥ പലയിടത്തും അധശബ്ദം ആരംഭിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ അത്ര നധികാരാർത്ഥം എന്നത് ഇവിടെ അധികാരം ആരംഭിക്കുന്നു എന്നുള്ള അർത്ഥം എടുക്കേണ്ട കാര്യമില്ല അനന്തരം അപ്പൊ അനന്തരം എന്താണെന്നുള്ളതിനുമ്പോട്ട് ചെലുവും പറയും എന്താണ് അനന്തരം പറയും സാധന സമ്പത്തിക്ക് ശേഷം അനന്തരം അധ ബ്രഹ്മജിജ്ഞാസ എന്നർത്ഥം അതെല്ലാം വ്യക്തിക്കും അപ്പൊ അപശബ്ദത്തിന്റെ അർത്ഥം അനന്തരം പിന്നീട് എന്തിനം സാധന ചതുഷ്ടയ സമ്പത്തിക്ക് ശേഷം അതിനുശേഷം ബ്രഹ്മജിജ്ഞാസ എന്നുവരും അതൊക്കെ വ്യാഖ്യാനിക്കും അപ്പം ഇവിടെ ആദ്യം പറയുന്ന എന്താണിത് ആരംഭാർത്ഥത്തിൽ അതിനെക്കുറിച്ച് വിശദമായ വ്യാഖ്യാനങ്ങളെല്ലാം ദാമതി വരും അതുകൊണ്ട് വിശദമായ വ്യാഖ്യാനം വേണ്ട ഇവിടെ സാമാന്യർത്ഥം പറഞ്ഞാൽ മതി അധികാരാർത്ഥമുണ്ട് എന്തുകൊണ്ട് ബ്രഹ്മ ജിജ്ഞാസായ അനധികാരിത്വ ിക്കുക എന്നുള്ള അർത്ഥം കൊടുത്ത വരുന്ന ദോഷം അധ ബ്രഹ്മജിജ്ഞാസ അപ്പം ബ്രഹ്മജിജ്ഞാസ ആരംഭിക്കുന്നു പറയും ബ്രഹ്മജിജ്ഞാസ ആരംഭിക്കുന്നു ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാതും അറിയുന്നതിനുള്ള ആഗ്രഹം അപ്പൊ ഇവിടെ ആദ്യത്തെ സൂത്രത്തിൽ പറയണോ ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ആരംഭിക്കുന്നു എന്നർത്ഥം വരും അത് യോജിക്കത്തില്ല ഇവിടെ ശരിക്കും ആരംഭിക്കുന്ന എന്താണ് വിചാരമാണ് ബ്രഹ്മത്തെ കുറിച്ചുള്ള വിചാരമാണ് ഇവിടെ ആരംഭിക്കുന്നത് അല്ലാതെ അറിയാനുള്ള ആഗ്രഹം ആരംഭിക്കുന്നതെന്ന് ആഗ്രഹം എന്ന് പറയുന്നത് ഒരാളുടെ മാനസിക ആ മാനസിക എന്ന് പറയുന്നത് ഇവിടെ ആരംഭിക്കേണ്ട ഒരു കാര്യമുണ്ടോ സൂത്രങ്ങളിൽ ആരംഭിക്കേണ്ട കാര്യം അതുകൊണ്ട് ആരംഭിക്കുക ആഗ്രഹം ആരംഭിക്കുക എന്ന് പറയുന്ന ഇവിടെ യോഗിക്കത്തില്ല ആരംഭിക്കുന്നു അതാണ് പറയുന്നത് ആരംഭിക്കുക എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ്രഹ്മ ജിജ്ഞാസായ അനധികാരി ബ്രഹ്മജിജ്ഞാസ അധികാരി ആരംഭിക്കാൻ പറ്റിയതല്ല ആരംഭം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ദോഷം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത് എന്താണ് അധശബ്ദത്തിന്റെ അർത്ഥം ആരംഭം ബ്രഹ്മ ജിജ്ഞാസെന്ന് പറയുന്നു ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ഇത് അങ്ങ് പരസ്പരം അന്വയിക്കത്തില്ല ബ്രഹ്മത്തെ ആഗ്രഹം ുള്ളിൽ വരുന്ന ഒരു വൃത്തി മാത്രമാണ് അതിവിടെ ആരംഭിക്കാന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല പിന്നെ അധശബ്ദത്തിന് പല അർത്ഥങ്ങളിലൊന്നാണ് മംഗളം ആണ് അതുകൊണ്ട് അതെടുക്കാൻ പറ്റുമോ അധശബ്ദത്തിന് അതും ശരിയാവില്ല മംഗളസിച വാക്യാർത്ഥേ സമന്വയഭാവാണോ ഇനി ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം അത് അതാ മംഗളം എന്നും അന്വയിക്കാൻ പറ്റത്തില്ല വാക്യാർത്ഥത്തോടത് യോജിക്കില്ല മംഗളം സ്ഥിതി വാക്യാർത്ഥ സമന്വയ ഭാവാ പിന്നെ അതേശബ്ദത്തിന് മംഗളം എന്ന് പറയുന്ന പ്രയോജനമുണ്ട് എന്ന് വെച്ചാ നല്ല കാര്യങ്ങൾ ചെല്ലുമ്പോൾ ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഓം അധ തത് എന്നൊക്കെ പറയുന്ന മംഗളമാണ് അപ്പോ മംഗളം എന്ന് പറയുന്നത് ആ ശബ്ദം ശ്രമിക്കുമ്പോൾ പ്രയോജനമാണ് അല്ലാതെ വാക്യാർത്ഥത്തോട് അന്വയിക്കുന്ന അല്ല അതുകൊണ്ട് അധശ്ദത്തിന്റെ അർത്ഥമായിട്ട് മംഗളത്തെ എടുക്കാൻ പറ്റില്ല വേണമെങ്കിൽ അധശബ്ദം കേട്ടാൽ മംഗളം ഉണ്ടാകും പറയാം അതിന് ദോഷമില്ല അറിഞ്ഞത് മംഗളസ് വാക്യാർത്ഥിയെ സമന്വയ ഭാഗം മംഗളം എന്ന് പറയുന്ന അർത്ഥം യാതിന്റെ അർത്ഥം അത് വാക്യാർത്ഥത്തിൽ അന്വയിക്കാത്തതുകൊണ്ട് അർത്ഥാന്തര പ്രയുക്ത ഏവ ഹി അധശബ്ദ അതുകൊണ്ട് അർത്ഥാന്തര പ്രയുക്ത അധശബ്ദം മറ്റൊരർത്ഥത്തിൽ പ്രയോഗിച്ച അധശബ്ദം ഇവിടെ മറ്റൊരർത്ഥത്തിൽ അധശബ്ദം പ്രയോഗിച്ചിരിക്കുകയാണ് ഏതർത്ഥത്തിൽ അനന്തരം അത് ശ്രുത്യാ മംഗളപ്രയോജനോ ബോധ്യ അത് കേൾക്കുന്നുണ്ട് മംഗളം എന്ന് പറയുന്ന പ്രയോജനമുണ്ടാകും അതാന്ന് കേട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും മംഗളം എന്ന് അധാന്ന് കേൾക്കുന്ന മംഗളമാണ് ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോ അധ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന എന്താണ് മംഗള പാചകമായതുകൊണ്ട് റേഡിയോയില് വാർത്ത വായിക്കുകയും പറയും അധ വാർത്താ എന്നുവച്ച വാർത്ത ആരംഭിക്കുന്നു പൂർവപ്രകൃത അപേക്ഷരേഖ പിന്നെ വേറൊരർത്ഥം പറയാം പൂർവപ്രകൃത അപേക്ഷ മുമ്പ് കഴിഞ്ഞുപോയതിനെ പരാമർശിക്കുന്നതിന് വേണ്ടിയിട്ട് അധശബ്ദം പ്രയോഗിക്കാം മുമ്പ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അധ എന്ന് വെച്ചാൽ പക്ഷാന്തരത്തെ കാണിക്കാൻ അതിനാണ് പൂർവപ്രകൃതാപേക്ഷ അതിനശബ്ദം പ്രയോഗിക്കാം പക്ഷെ ഫലത ഫലത്തിലെന്താണ് പൂർവപ്രകൃതാപേക്ഷാലും അനന്തരം എന്നാണ് അതിന്റെ അർത്ഥം മുമ്പ് എന്നുവെച്ചാൽ ഇനി എന്ന് പറയും ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് ഇനി മറ്റൊരു കാര്യമാണ് അതിനാണ് പൂർവപ്രകൃത അപേക്ഷ പ്രകൃതം കടന്നുപോയത് അതിനപേക്ഷിക്കുക അതാണ് പൂർവപ്രകൃത അപേക്ഷ വെച്ചാൽ ഫലത്തിൽ എന്താണ് ആനന്ദരി അഭ്യതിരേഖ ആനന്തരീയം തന്നെയാണ് അനന്തരം എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ് അവിടെ അഭ്യതിരേഖ മാറ്റൊന്നുമില്ല അപ്പോ പൂർവ്വപ്രകൃത അപേക്ഷ എന്ന അർത്ഥ ശബ്ദത്തിന് അർത്ഥമുണ്ട് അർത്ഥം എന്താണ് ആനന്ദരം സതിജ ആനന്ദർത്ഥത്വ ഇനിയിപ്പൊ അത് അംഗീകരിക്കുന്നു എന്താണ് അധശ്ദത്തിന്റെ അർത്ഥം എന്താണ് അനന്തരം സതിജ ആനന്ദർത്ഥത്തെ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ യഥാധർമ്മ ജിജ്ഞാസ പൂർവൃത്തം ഏതാധ്യയനം നിയമേനാപേക്ഷത ്രഹ്മജിജ്ഞാസ അഭി യത് പൂർവൃത്തം നിയമേന അപേക്ഷതം അനന്തരം അനന്തരം ബ്രഹ്മജിജ്ഞാസ എന്നായി അപ്പൊ അവിടെ ഒരു എന്തിനനന്തരം അതോടെ പറഞ്ഞിട്ടില്ല അപ്പൊ പൂർവമീമാംസയിലെ സൂത്രങ്ങളുടെ ചുവടു പിടിച്ചാണ് ഇത് തിന്റെ ഭാഷ്യം പോലും പൂർവമീമാംസയിലെ ഭാഷ്യത്തിന്റെ പിന്തുടരുന്നതാണ് കാരണം പൂർവമീമാംസയിൽ അതാത് ധർമ്മ സബ് വ്യാഖ്യാനം ഒക്കെ ഇങ്ങനെ തന്നെ തുടങ്ങുന്നത് ഇതേ രീതിയിൽ ഇതേ ശൈലിയാണ് ആ ഭാഷ്യം പൂർവമീമാംസ ഭാഷ്യം വായിച്ചു നോക്കിയാൽ നമുക്ക് തോന്നുന്നു അത് കണ്ടിട്ടാണ് ഇവിടെ ശങ്കരാകാര് എഴുതിയിരിക്കുന്നത് കാരണം അതേ ശൈലിയാണ് തുടക്കം ഇങ്ങനെ അപ്പോ അവിടെ അതാതോ ധർമ്മ ജിജ്ഞാസ് അവിടെ ആധ ശബ്ദത്തിനടത്ഥം പറഞ്ഞ എന്താണ് വേദ അധ്യയനത്തിനന്തരംന്ന് പറ വേദാധ്യന അനന്തരം അപ്പൊ ഇവിടെയും പറയാ എന്താണ് ിജ്ഞാസ അവിടെ എന്താണ് വേദാധ്യയനാനന്തരം ധർമ്മ ജിജ്ഞാസ എന്നാണ് പറയുന്നു അനന്തരം എടുത്തു കഴിഞ്ഞാ ധർമ്മ ജിജ്ഞാസ പൂർവൃത്തം വേദാധ്യനം നിയമേന അപേക്ഷതയെ ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്നത് പൂർവവൃത്തമായ പൂർവത്തിൽ സംഭവിച്ചതായ വേദാധ്യയനം നിയമേനു വെച്ചാ ഒരു മാറ്റം ഇല്ലാതെ വേദാധ്യയനം കഴിഞ്ഞേ ധർമ്മ ജിജ്ഞാസ പാടുള്ളൂ എന്നവിടെ നിർബന്ധമാണ് എന്തുകൊണ്ട് അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ടോന്ന് വേദത്തിൽ ആശ്രയിച്ചിട്ടാണ് ധർമ്മ ജിജ്ഞാസ വേദത്തെ വേദത്തിലെ ധർമ്മം ഉണ്ടെന്നാണ് അന്വേഷിക്കുന്നത് വേദാധ്യയനം ചെയ്യാത്ത ഒരാൾക്ക് വേദത്തിലെ ധർമ്മത്തെ കുറിച്ച് വിചാരിച്ചാൽ കഴിയില്ല വൈദികധർമ്മമാണവിടെ അവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് യാഗാദികളാണെന്ത്ാണ് ചിന്തിക്കുന്നത് യാഗാതിരേ ധർമ്മം അപ്പോ വിധിച്ചിരിക്കുന്നത് വിധി നിഷേധങ്ങളൊക്കെ അപ്പോ അവിടെ അത് അറിയണമെങ്കിൽ വേദ അധ്യയനം ചെയ്യണം അതിനാണ് പറഞ്ഞത് സ്വാധ്യോദിയോ ഈ ധർമ്മവിചാരം ചെയ്യുന്നവര് എല്ലാ വേദവും ഒരാൾക്ക് അധ്യയനം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് കുറഞ്ഞ വർഷം എന്ത് ചെയ്യണം സ്വശാഖ പൂർവികന്മാരായി അധ്യയനം ചെയ്തു വരുന്ന വേദഭാഗം അതെങ്കിലും അധ്യയനം ചെയ്തിരിക്കണം അതിനുശേഷേണ്ടത് വേദാർത്ഥ വിചാരം അതാണ് മീമാംസ ഭാരം പറയും പൂജിത വിചാരവചനവും വിചാരം അതാണ് മീമാംസയുടെ അർത്ഥം വേദാധ്യയനം നിർബന്ധമാണ് അല്ലെങ്കിൽ വേദത്തെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പറ്റിയിട്ട അതാണ് ഇവിടെ പറയുന്നത് യഥാധര്മ്മ ജിജ്ഞാസ പൂർവ്വീമാംസേന ധർമ്മ ജിജ്ഞാസ വേദാധ്യനം വേദാധ്യനത്തെ നിയമേന പൂർവം നിയമേനപേക്ഷതാസാദേ കഴിഞ്ഞുപോയ ഒരു കാര്യം അത് മാറ്റമില്ലാതെ എപ്പോഴും അപേക്ഷിക്കുന്നു അത് കഴിഞ്ഞേ ബ്രഹ്മജിജ്ഞാസ പാടുള്ളു തത് വക്കമേ അത് പറയണമെന്ന് അപ്പം പറയുന്നു സ്വാധ്യായ അധ്യയന ആനന്ദനെന്ത് സമാനം അപ്പൊ പറയാം സ്വാധ്യായം പൂർവവിമാനത്തിൽ എന്താ പറഞ്ഞത് മുമ്പ് എന്ത് വേണമെന്ന് പറഞ്ഞു വേദാധ്യനം സ്വാധ്യായ അധ്യയനം അതാണ് വേദാധ്യൻ അപ്പൊ ഇവിടെയാണെങ്കിലോ ഇവിടെ സമാനം തുല്യമാണ് പൂർവ്വമീമാംസക്കായാലും ശരി ഉത്തരമീമാംസയ്ക്കായാലും എന്താണ് സ്വാധ്യായ അധ്യയനം തുല്യമാണ് അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ഇവിടെ ഉത്തരമീമാംസ വിചാരമാണ് ഉപനിഷത്തുകളെ കുറിച്ചുള്ള വിചാരമാണ് ഇപ്പൊ ഉപനിഷത്തുകളെ അധ്യയനം ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും പാരമ്പര്യമായി ഇത് ഹൃദ്യസ്ഥമാക്കി അതിന്റെ അർത്ഥ വിചാരം ചെയ്യണം അതിനുള്ള പ്രാപ്തി വേണം അങ്ങനെയുള്ളവനാണ് എന്തു ചെയ്യുന്നത് ബ്രഹ്മജി ബ്രഹ്മവിചാരം അവനാ ചെയ്യേണ്ടത് അപ്പൊ ഇക്കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഇവിടുത്തെ അഥാന്ന് പറയുന്നതിന് ഓരോ അർത്ഥം എന്താണോ വേദ അധ്യയനത്തിന് ശേഷം ബ്രഹ്മജിജ്ഞാസ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇവിടെ അനന്തരം എന്ന് പറയുന്നിടത്ത് സിദ്ധാന്തത്തിൽ പറയുന്ന എന്താണ് സാധന ചതുഷ്ടയെ സംബന്ധിക്ക് ശേഷം ഇത് പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇവിടെ വേദാന്ത വിചാരം ബ്രഹ്മവിചാരത്തിലുള്ള യോഗ്യതയായിട്ട് പറയുന്നത് എന്താണ് സാധന ചതുഷ്ടയ സമ്പത്തിയാണ് ചന്ദ്രചാര് പറയുന്നത് ആശയം മുമ്പോട്ട് എന്നിട്ട് അവശൂദ്രാധികരണത്തിൽ വരുമ്പോ എന്താ പറയുന്നത് അഭിസൂത്രാധിപ്ര അവിടെ ത്രൈവർണികന്മാർക്ക് മാത്രമേ ഈ വിചാരത്തിന് അധികാരമുള്ളൂ കാരണം അവർക്ക് വേദാധ്യയനമുള്ളൂ അതുകൊണ്ട് അവർക്ക് വിചാരം ചെയ്യാൻ കഴിയൂ വേദത്തെ മുൻനിർത്തിയുള്ള വിചാരത്തിന് മൂന്ന് പറ ജാതിക്കാർക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് പലരും സംശയം ഉന്നയിച്ചിരിക്കുന്നു എന്താണ് തുടക്കത്തിൽ അത് പറയുന്നില്ലല്ലോ തുടക്കത്തിൽ പറയുന്നത് എന്താണ് സാധനചതുഷ്ടയ സമ്പത്തിയുള്ള ആർക്കും വേദാന്ത വിചാരം ചെയ്യാം ബ്രഹ്മവിചാരം അടിസ്ഥാനമാക്കി വെറും ബ്രഹ്മവിചാരം എന്ന് പറഞ്ഞാൽ പോലെ ഉപനിഷത്തുകളെ മുൻനിർത്തിയുള്ള ബ്രഹ്മവിചാരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുമ്പോട്ട് ചെല്ലുമ്പോൾ പറഞ്ഞാൽ ഡ്രൈവറിനെയർക്കേ പറ്റുമെന്ന് അതുകൊണ്ട് മുമ്പോട്ട് ചെന്നിട്ട് പറഞ്ഞിരിക്കുന്ന ആ അപ്പൊ സൂത്രാധികരണം നല്ലവനായ ശങ്കരാചാര്യ എഴുതിയല്ല വേറെ ആരോ ഇടയ്ക്ക് എഴുതി ചേർത്താണ് എന്നുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ പറയണ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ശൂദ്രസന്യാസിമാരെല്ലാം അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് മനസിലായ എന്തുകൊണ്ട് ശൂദ്രന്മാർക്കും ബ്രഹ്മവിചാരം ചെയ്യണം അപ്പോ ശങ്കരാചാര്യോട് വലിയ ഭക്തിയുണ്ട് ബഹുമാനവും ഉണ്ട് ശങ്കരാചാര്യ അതിനനുവാദം കിട്ടിയില്ലെന്ന് പറയുമ്പോൾ ശൂദ്രന്മാർക്ക് ചെയ്യുമ്പോൾ ഒരു വരും നമുക്ക് അധികാരമില്ലാത്ത കാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു അപകർഷതാ വരും അതുകൊണ്ട് ശൂദ്രന്മാരെന്താ പറയുന്നത് അത് വേറെ ആരും എഴുതി ചേർത്താണ് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത് എന്താണോ സാധനചതുഷ്ടയ സമ്പത്തിയുള്ള ആർക്കും ഉപനിഷത്ത് വിചാരം ചെയ്യാം അതുകൊണ്ട് ശൂദ്രസ്വാമി എന്താ പറയുന്നത് എനിക്ക് സാധനചതുഷ്ടയ സമ്പത്തിയുണ്ട് അതുകൊണ്ട് ബ്രഹ്മവിചാരം ചെയ്യാം എന്നാണ് ഇങ്ങനൊരു സംശയം ചട്ടമ്പിസ്വാമിയും ഉയർത്തിയിട്ടുണ്ട് മേധാധികാര നിരൂപണത്തിൽ ഇനി അങ്ങനെയും ഒരു പൂർവ്വപക്ഷമായിട്ടാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത് അത് വായിച്ചിട്ടാണ് പല സൂദ്ര കേരളത്തിലെ തന്നെ പ്രസിദ്ധരായ പല സൂത്ര സന്യാസിമാരും ബാധിക്കാറുണ്ട് എന്നാണ് അഭിസൂദാധിക ശങ്കരാചാര്യത ആയിരിക്കാൻ വഴിയില്ല അങ്ങനെയാണെങ്കിൽ ആദ്യം ഇത് പറയ തന്നെ എന്നാണ് സാധന ചതുഷ്ടയ സമ്പത്തിക്ക് ശേഷം ്രഹ്മവിചാരം പറയേണ്ട കാര്യമുണ്ട് ഇവിടെ അതാ പറയുന്നത് പക്ഷെ അങ്ങനെ പറയുന്നവരല്ല വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് എന്താണ് അതേന്ന് എന്താവരും വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഇതാണ് ജ്യോതിര സ്വാമിമാരൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിടക്കുന്നത് എല്ലാ സ്വാമിമാർക്കും ഇതേ ബുദ്ധിയൂദ്രാധികരണം എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രത്തിൽ ആരോ എഴുതി കയറ്റിയാണ് അത് സൂത്രത്തിൽ ഇല്ല അതുകൊണ്ട് അതിന്റെ ഭാഷവും എല്ലാം പ്രക്ഷിപ്തമാണ് ചേർത്ത് എന്തുകൊണ്ട് ഇവിടെ തുടക്കത്തിൽ ശങ്കരായർ പറയുന്നുണ്ട് സാധന ചതുഷ്ഠയ സമ്പത്തി ഉള്ളവനെല്ലാം ഉപനിഷത്ത് വിചാരം ചെയ്യാം അതുകൊണ്ട് എന്താണ് ഞങ്ങൾ ശൂദ്രന്മാർക്കും സാധന ചതുഷ്ഠേയ സമ്പത്തി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും വിചാരം ചെയ്യാം ഞങ്ങളുടെ വിചാരം അവശൂദാധികരണത്തിൽ തടയുന്നില്ല ആ ഭാഷയും ശങ്കരായർ എഴുതിയല്ല ഇതൊക്കെ പ്രക്ഷിപ്തമാണ് എന്ന് ശൂദ്രന്മാർ പറയുമ്പോൾ ശൂദ്രന്മാർക്കുള്ള ഒരു ആപ്പ് ഇവിടെ തന്നെയുണ്ട് എന്താണെന്നോ ഞാൻ ചോദിച്ചത് ഇവിടെ കൃത്യമായി പറഞ്ഞെന്താണ് വേദാധ്യയനത്തിന് ശേഷം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ വേദാധ്യയനത്തിന് ശേഷം സമാനം ആർക്കൊക്കെ സമാനം പൂർവമീമാംസയ്ക്ക് സമാനം ഉത്തരമീമാംസയ്ക്ക് സമാനം അപ്പൊ വേദാധ്യനം ആർക്കേ പറ്റൂർക്ക് അപ്പൊ പിന്നെ ചോദ്യത്തിന് അത് ശങ്കരാചാര്യല്ലെന്നോ അവ സൂദ്രാധികരണം ഇതിലില്ലെന്നോ പറഞ്ഞിട്ട് വല്ല ഗുണവും ഇല്ല അതുകൊണ്ട് ഒരു ഗുണം സൂത്രം കിട്ടാൻ പോകുന്നില്ല എന്തുകൊണ്ട് ഇവിടെ ശങ്കര ആദ്യം ഒരു കാര്യം പറഞ്ഞു സ്വാധ്യായ ആനന്ദരിതു സമാനം പൂർവമീമാംസയുടെ വിചാരമായാലും ഉത്തരമീമാംസയുടെ വിചാരമായാലും അവനെ വേദാധ്യനം ചെയ്തിരിക്കണം അപ്പൊ വേദാധ്യനത്തിന് ആർക്കേ അധികാരമുള്ളു അപ്പൊ ആർക്കെ ബ്രഹ്മവിഹാരം ചെയ്യാൻ പറ്റൂ അപ്പൊ പിന്നെ നമ്മുടെ ശൂദ്രസ്വാമിമാരെല്ലാം കോവിന്ദ അവരിത് പറയുന്നോണ്ട് അവർക്ക് യാതൊരു ഗുണവും ഏ ഇല്ലാതെ ആർക്ക് അത് ശങ്കരായീകരിക്കുന്ന ആരും ആണ് അതല്ല വിഷയം ആത്മജ്ഞാന ശൂദ്രന്മാർക്ക് ഉണ്ടാവും എന്നുള്ള ശങ്കരാചാര്യ അംഗീകരിക്കുന്നുണ്ട് ശങ്കരായ കേൾക്ക് മുഴുവൻ ശങ്കരായർ പറയുന്ന എന്താണ് ശൂദ്രന്മാർക്കും ആത്മജ്ഞാനം ഉണ്ടാവും പക്ഷെ ഉപനിഷത്ത് വിചാരം ചെയ്യാൻ ശൂദ്രന്മാർക്ക് അധികാരം ഇല്ല ഇതാണ് ശങ്കരായർ പറയുന്നത് പുരാണങ്ങള് കേട്ടിട്ടുണ്ടാവുക ഒരു വഴി അതാണ് ഉപനിഷത്ത് വിചാരം ചെയ്ത പിന്നെന്താണ് ഭാഗവതം പോലെയുള്ള പുരാണങ്ങളെയൊക്കെ വാനാകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്താണ് ബ്രഹ്മം ആത്മാവ് തത്വമസി ഇതൊക്കെ കേട്ടിട്ട് എന്തുവരും ശൂദ്രന്മാർക്ക് ജ്ഞാനം ഉണ്ടാകും ഒരു വഴി ഇനി മറ്റൊരു വഴി ശൂദ്രന്മാർക്ക് സമാധാനത്തിൽ എന്താണ് പൂർവ്വജന്മത്തില് വേദാധ്യനമൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ ജന്മത്തില് ഏതെങ്കിലും ശൂദ്ര കുടിയിൽ വന്ന് ജനിച്ചാലും പൂർവ്വജന്മത്തിൻ്റെ സംസ്കാരം കൊണ്ടാകാനെന്താവാം ബ്രഹ്മജ്ഞാനം എന്ന് വിചാരിച്ച് വേദാധ്യനം ചെയ്യാൻ പറ്റില്ല ശൂദ്രകുടിയിൽ ജനിച്ചു കഴിഞ്ഞവന് ബ്രഹ്മജ്ഞാനം ഉണ്ടാവും പക്ഷെ വേദാധ്യയനം ചെയ്യാൻ പറ്റില്ല അപ്പം ബ്രഹ്മജ്ഞാനത്തിന് വേദാധ്യൻ ഉപനിഷത്ത് എന്ന് പറയുന്നത് നിർബന്ധമില്ല അത് പുരാണ വിചാരത്തിലൂടെയും വരാം അത് ശങ്കരാചാര്യ അംഗീകരിക്കുന്നുണ്ട് അപ്പൊ അവശൂദ്രാധികൾ നിഷേധിക്കുന്നത് എന്തിനാണോ ഉപനിഷ് വിചാരം ചെയ്യുന്നതിന് ശൂദ്രന്മാർക്ക് അവകാശമില്ലെന്നാണ് ബ്രഹ്മസൂത്രകാരനും പറയുന്നത് കാശുകാരനും പറയുന്നത് അത് പ്രക്ഷിപ്തമാണെന്ന് പറയാൻ വേണ്ടിട്ടാണ് പറയുന്നത് എന്ത് തുടക്കത്തിൽ അധശബ്ദത്തിന്റെ അർത്ഥം പറയുമ്പോൾ സാധനചേഷ്ഠ സമ്പത്തിയുള്ളവർക്കെല്ലാം എന്താണ് ഉപനിഷത്ത് വിചാരം ചെയ്യാമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും ചെയ്യാം എന്നാലും പറയുന്നു അത് വില പോകത്തില്ല എന്തുകൊണ്ട് വേദാധ്യനത്തിന് ശേഷം പറഞ്ഞുകൊണ്ട് ആ അത് സമാനം എന്ന് പറഞ്ഞോണ്ട് എന്താണോ സൂദനു യാതൊരു കൺസനും ഈ ബ്രഹ്മസൂത്രം വിചാരം ചെയ്യുന്നതിനും ശൂദനു യാതൊരു അവകാശവും എന്നാണ് സൂത്രകാരന്റെ അഭിപ്രായം ഭാഷകാരന്റെ അഭിപ്രായം ഈ പറയുന്നവണ്ണം മനസ്സിലാക്കാമെന്നോ തലേക്ക് വരാത്ത അത് തന്നെ ഇതൊക്കെ ഈ പറയുന്ന മനസ്സിലാക്കാൻ അതിലൊക്കെ എന്ത് മനസിലാക്കാൻ ഞാനീ പറയുന്നത് മനസ്സിലാവും പിന്നെ ഇതിന്റെ വിവരണം മനസിലാവും ഇത് മനസിലാക്കാൻ നോക്കും ഈ പറയുന്ന കാര്യം അതുകൊണ്ട് എന്താണ് ട്രൈവർണ്ണിയർക്ക് എന്താണ് മാത്രമേ വേദാധ്യായത്തിന് അധികാരമുള്ളൂ അതുകൊണ്ട് ബ്രഹ്മസൂത്രം വിചാരം ചെയ്യുന്നതിന് ആർക്കേ അധികാരമുള്ളൂ ത്രൈവർണ്ണിയർക്ക് മാത്രമേ ഈ വിഷയങ്ങളെല്ലാം പൂർവമീമാംസേനും ചർച്ച ചെയ്യുന്നതാണ് ഇവിടെ മാത്രമല്ല പൂർവമിമാംസേനും വരുന്നുണ്ട് അഭിസൂത്ര അവിടെ ഈ വിഷയങ്ങളെല്ലാം വരും അതുകൊണ്ട് സൂത്രന്മാർ എന്താണ് ഞങ്ങൾക്കും അധികാരമുണ്ട് മറ്റൊക്കെ പ്രക്ഷിപ്തം എന്ന് പറയുന്നതിന് യാതൊരു യാതൊരു അർത്ഥവും അത് കൊഴപ്പമില്ല ഏതെങ്കിലും മുഖവും മൂല എന്തെങ്കിലും അതിന് അവകാശം ഉണ്ടായിരുന്നോ അധികാരം അധ്യയനത്തിന് അധികാരം വേണം അധികാരമില്ലാത്തത് അത് അധ്യയനം ചെയ്യാൻ പാടില്ല അധ്യയനം ഞാൻ പറ്റത്തൂല എന്തുകൊണ്ട് ഏതാ അധ്യയനം എന്ന് വരുന്ന പരമ്പരയിലൂടെ അധ്യയനം വരുന്നു അപ്പോ പരമ്പരയിലൂടെ വരുമ്പോ എന്താണ് ഇവനെവിടെ പോയി അധ്യയനം ചെയ്യും അവന്റെ കുലവും ഗോത്രവും ഒക്കെ അന്വേഷിച്ചതിന് ശേഷം ഇന്ന കുലത്തിൽ ഇന്ന ഗോത്രത്തിലാണെങ്കിൽ ഇനി ഇന്ന ശാഖ അധ്യയനം ചെയ്യണമെന്ന് പറയും ആ കുലവും ഗോത്രവും ഇല്ലാത്തവന് നിങ്ങളൊക്കെ ഇത് പഠിക്കും വായിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്തോളൂ പ്രിന്റ് ചെയ്താൽ പിന്നെ അത് പറയാൻ പറ്റില്ലല്ലോ മറ്റങ്ങനെയല്ലിപ്പടിക്കുകയാണ് കുലവും ഗോത്രവും അനുസരിച്ച് അതുകൊണ്ടല്ലേ ഗുരുവിന് ഇത്രയും പ്രാധാന്യം വരുന്നു ഗുരു എന്ന് പറയുന്ന ഏർപ്പാടിന് ഇത്രയും വലിയ പ്രാധാന്യം വരുന്ന എന്തുകൊണ്ട് ഗുരുവിൽ നിന്ന് മാത്രമേ ഇത് കേൾക്കാൻ പറ്റൂ അല്ലാതെ ഒരു വഴിയില്ല ഇന്നത്തെ റെക്കോർഡ് ചെയ്തു വെച്ച് കേൾക്കാനോ അല്ലെങ്കിൽ സൂത്രന്മാർക്ക് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വായിക്കാനോ ഒന്നുമുള്ള സൗകര്യം പണ്ടില്ല അപ്പൊ ഗുരു കനിഞ്ഞാൽ മാത്രമേ വേദം അധ്യയനം ചെയ്യാൻ പറ്റൂ അപ്പം ഗുരുവിനങ്ങാധാന്യം വന്നു അങ്ങേറ്റത്തെ പ്രാധാന്യം വന്നു കാരണം ഗുരുവിന്റെ മനസ്സില്ലയോ ഒരു വിദ്യയും പണ്ട് പഠിക്കാൻ പറ്റില്ല കാരണം എല്ലാ വിദ്യകളും ഗുരു മുഖത്ത് നിന്ന് പഠിക്കുന്നു എന്ന് അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാൻ ഒരു വഴിയേ ഇല്ല ഇനി ഒരേ ഒരു വഴിയുള്ള എന്താണ് ഇങ്ങനെ വേദപാഠശാലകളിൽ എന്താണോ ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ ഒളിച്ചു നിന്ന് കേട്ട് പഠിക്കുക എന്താണ് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ശൂദ്രൻ ഒളിച്ചുനിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവ ശൂദ്രാധികാരത്തിൽ തന്നെ പറയും എന്ത് ഒഴിക്കണം അതോടുകൂടി പിന്നെ അവൻ്റെ പടുത്തന്തി പിന്നെ അവൻ്റെ ശരീരത്തെ രണ്ടായിട്ട് പിളർക്കണം അങ്ങനെയൊക്കെ ചെയ്യണം അതുകൊണ്ട് പിന്നെ ആരെങ്കിലും ഒളിച്ചു നിന്ന് കേൾക്കാൻ ശ്രമിക്കൂ ഇല്ല ഇതൊക്കെ വ്യക്തമായ അശുദ്ധനത്തി പറയുന്നുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സ്വാമിമാർ പ്രഭാഷകരൊക്കെ ഇതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കണം ചെവിന്ന് വെച്ചു കഴിഞ്ഞാൽ ചെവി എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവനാണ് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് അവന് നല്ല അടി കൊടുക്കണമെന്നാണ് അപ്പൊ ചെവി ബുദ്ധിയില്ലാത്തവന് അടി കൊടുത്ത് പഠിപ്പിക്കണമെന്നൊക്കെ പണ്ട് പറഞ്ഞ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനുണ്ട് അതൊക്കെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ ഇന്നും അങ്ങനെ പറയുന്നവരുണ്ട് പണ്ട് മാത്രമല്ല ഇന്നും ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പുറത്തുവിട്ടവരുന്ന് പുറത്തോട്ടെനിക്ക് അടി കിട്ടും എന്തുകൊണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്യുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പരസ്യമായി ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേട്ടുകഴിഞ്ഞാൽ അത് അടിക്കാനെന്ന ആളുണ്ട് അവരെന്താ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തി ഞങ്ങളുടെ സംസ്കാരത്തെ അവഹേളിച്ചു അങ്ങനെയുള്ളവർക്ക് ശിക്ഷയുണ്ട് അടികൊടുക്കും അടിക്കും അങ്ങനെ എന്നെ അടിക്കാൻ ഓങ്ങി നടക്കുന്ന പലരും ഉണ്ട് അത് കിട്ടാതെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ണേ ഇതിനകത്ത് എന്തെങ്കിലും കെട്ടിക്കൂടാന്നുമില്ല മനസ്സിലായേ ഞാനിങ്ങനെ പറയുന്നു എന്നുള്ള ഒരുപാട് പേർക്ക് അറിയാം അവദ്വേഷം മെച്ചപ്പെടുത്തുന്നവരുണ്ട് എന്നോട് ഭീഷണികളും വന്നിട്ടുണ്ട് കുഴപ്പമാകും എന്നൊക്കെ പറഞ്ഞ് എന്റെ ഭീഷണി നേരിട്ട് എന്നാ അവിടെ ഇവിടെ നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞി എന്ത് പ്രശ്നമാകുന്നു ചാകാറായി അവന്റെ തല്ലുകൊണ്ടാണ് ചാകാം എന്താണ് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്തായാലും മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയണം യോന്മാരുടെ ഈ കള്ളത്തരം മുഴുവൻ പൊളിക്കണം ഈ ആൾക്കാരെ പറ്റിയിരുന്ന ഈ പ്രസ്ഥാനം എന്ന് പറയുന്നതിനെ തൊരി പൊളിച്ചു കാണിക്കണം പിന്നെ ഇതിന് പുറത്ത് വിടരുതെന്ന് പറയുന്ന കുറച്ചു കാലം കൂടെ ഇത് പറയണം അപ്പോ ചത്തതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് ഇട്ട് തല്ലാൻ ആരെയാണ് പിന്നെ പ്രശ്നമില്ല അതുകൊണ്ടാണ് പറയുന്നത് നശിപ്പിച്ചു കളയരുത് നിങ്ങൾക്കും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ അടിയിട്ടു അപ്പോ ഒരാൾ ചത്തുകഴിഞ്ഞിട്ട് അയാൾ പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ജീവിത പറഞ്ഞോട്ടെ കുഴപ്പമൊന്നും അടിയിട്ടില്ല അതുകൊണ്ട് ഇതെല്ലാം സൂഴിച്ച് വെക്കണം വെച്ചിട്ട് എന്ത് ചെയ്യണം എപ്പോഴാണോ ചാവുന്നത് അപ്പം ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് പൊട്ടിക്കണം ശാസ്ത്രം വ്യാഖ്യാനിച്ച് തന്നെ ഈ തട്ടിപ്പ് മുഴുവൻ പുറത്തു കൊണ്ടുവരണം ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചിട്ട് ഈ ഭൂലോക തട്ടിപ്പിനെ എന്ത് ചെയ്യണം പുറത്തു കൊണ്ടു മിക്കവറും എല്ലാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം രണ്ടാമത് പറയുന്നുണ്ട് ഒരിക്കലും ഇത് പറഞ്ഞാണ് പിന്നെ ഒരിക്കൽ പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയാലോ അതും പുറത്ത് വിടുന്നുണ്ട പുറത്ത് വിട്ടതൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് വിട്ടത് ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം കളഞ്ഞിട്ടാവിട്ടിരിക്കുന്നു പുറത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് എഡിറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വിട്ടാൽ മതി എനിക്ക് വഴികൾ നടന്ന് അടി അടിപൊളിയാണെന്ന് പക്ഷെ ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാതെ നിങ്ങൾ വെച്ചിട്ട് പിന്നീട് പുറത്തുവിടണം പറഞ്ഞില്ലേ ഈ ശാസ്ത്രങ്ങൾ തൊണ്ണൂറ് ശതമാനം ഇത് വേണ്ടി എഴുതി വെച്ചാണ് പറയുന്നു സ്വാധ്യായ അധ്യയന ആനന്ദര്യന്ത് സമാനം അങ്ങനെ ഒരർത്ഥം പറയുന്നതാണ് സ്വാധ്യായത്തിന് ശേഷം അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരുന്നു ഇത് കർമ്മ അവബോധ ആനന്ദര്യം വിശേഷ ഇവിടെ വേണമെങ്കിൽ ഒന്ന് പറയാമുള്ള ചോദ്യമാണ് കർമ്മ ജ്ഞാനത്തിന് ശേഷം അത ബ്രഹ്മജിജ്ഞാസ ധർമ്മജ്ഞാനത്തിന് ശേഷം ധർമ്മ എന്ന് വെച്ചാൽ കർമ്മമാണ് ആ ധർമ്മജ്ഞാനത്തിന് ശേഷം ബ്രഹ്മജ്ഞാസന്ന് പറഞ്ഞാലോ വിഹ എന്ന് വെച്ചാൽ ഈ ഉത്തരവിമാ കർമ്മ അവബോധാനന്തരി കർമ്മബോധത്തിന് ശേഷം എന്നൊരു വിശേഷം പറഞ്ഞാലോ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന അപ്പൊ ധർമ്മ ജിജ്ഞാസക്ക് ശേഷം ബ്രഹ്മ ജിജ്ഞാസന്ന് വരും ആദ്യം എന്ത് ചെയ്യണം ധർമ്മ ജിജ്ഞാസ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം അതിനകത്ത് പല പല ദോഷങ്ങളുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് എന്നാ ധർമ്മ ജിജ്ഞാസയ പ്രാഗവി അതീത വേദാന്ത ബ്രഹ്മജിജ്ഞാസവും പറയുന്നു അതിൻ്റെ ആവശ്യമൊന്നും ഒരാള് വേദാന്ത ഉപനിഷത്തുകൾ അധ്യയനം ചെയ്തോ പഴയ രീതിയിലാണ് അധ്യയനം എന്നൊക്കെ പറയുമ്പോൾ പഴയ രീതിയിലടങ്ങി പണ്ടത്തെ രീതിയിൽ കുരുമുഖത്ത് നിന്ന് ഉപനിഷത്ത് അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ ധർമ്മ ജിജ്ഞാസയ്ക്ക് മുമ്പ് തന്നെ ഒരാൾക്ക് ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകാം അതിന് വേണ്ടിയിട്ട് ആദ്യം ധർമ്മ ജിജ്ഞാസാവശ്യം ഇല്ല ആണ് പറയുന്നത് ധർമ്മ ജിജ്ഞാസായ പ്രാഗ് അഭി ധർമ്മജിജ്ഞാസയ്ക്ക് മുമ്പ് തന്നെ അതീത വേദാന്ത വേദാന്തം അധ്യയനം ചെയ്തവന് ജിജ്ഞാസ ഉപന്നോ യുക്തം തന്നെ യോഗ്യമാണോ ബ്രഹ്മജിജ്ഞാസയാകാം